ം എട്ട് യഹോവ മോശയോട് അരുളി ചെയ്തത് ദീപം കൊളുത്തുമ്പോൾ ദീപം ഏഴും നിലവിളക്കിന്റെ മുൻവശത്തോട്ട് വെളിച്ചം കൊടുക്കണമെന്ന് അഹരോനോട് പറയുക അഹരോൻ അങ്ങനെ ചെയ്തു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ നിലവിളക്കിന്റെ ദീപം മുൻവശത്തേക്ക് നിലവിളക്കിന്റെ പണിയും അത് പൊന്നുകൊണ്ട് അടിച്ചുണ്ടാക്കിയതായിരുന്നു അതിന്റെ ചുവടു മുതൽ പുഷ്പം വരെ അടുപ്പുപണി തന്നെ യഹോവ മോശയെ കാണിച്ച മാതൃക പോലെ തന്നെ അവൻ നിലവിളക്ക് യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തതെന്തെന്നാൽ ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്നെടുത്ത് ശുചീകരിക്കാം അവരെ ശുചീകരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യണം പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കണം അവർ സർവാംഗം ക്ഷൗരം ചെയ്ത് വസ്ത്രമലക്കി ഇങ്ങനെ തങ്ങളെ തന്നെ ശുചീകരിക്കണം അതിന്റെ ശേഷം അവർ ഒരു കാളക്കിടാവിനേയും അതിന്റെ ഭോചനയാഗമായി എണ്ണ ചേർത്ത നേരിയ മാവും പാവയാഗത്തിനായി നീ വേറെ ഒരു കാളക്കിടാവിനേയും എടുക്കേണ്ട ലേവ്യരെ സമാഗമന കൂടാരത്തിന്റെ മുമ്പാകെ വരുത്തേണം ഇസ്രയേൽ മക്കളുടെ സഭയെ മുഴുവനുവൻ ഒരുമിച്ച് കൂട്ടേണം പിന്നെ ലേവ്യരെ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം ഇസ്രയേൽ മക്കൾ ലേവ്യരുടെ മേൽ കൈവയ്ക്കേണം വേല ചെയ്യേണ്ടതിന് അഹരോൻ യുടെ സന്നിധിയിൽ ഇസ്രയേൽ മക്കളുടെ നിരാജനയാഗമായി അർപ്പിക്കാനും ലേവ്യർ കാളക്കിടാങ്ങളുടെ തലയിൽ കൈവയ്ക്കാനണം പിന്നെ ലേവ്യർക്കു വേണ്ടി പ്രായച്ചിത്തം കഴിക്കേണ്ടതിന് നീ യഹോവയ്ക്ക് ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിക്കാനും നീ ലേവ്യരെ അഹറോന്റെയും പുത്രന്മാരുടെയും മുമ്പാകെ നിർത്തി യഹോവയ്ക്ക് നിരാജനയാഗമായി അർപ്പിക്കണം ഇങ്ങനെ ലേവ്യരെ ഇസ്രയേൽ മക്കളുടെ ഇടയിൽ നിന്ന് വേർതിരിക്കുകയും ലേവ്യർ എനിക്കുള്ളവരായിരിക്കുകയും വേണം അതിന്റെ ശേഷം സമാഗമന കുടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യേണ്ടതിന് ലേവ്യർക്ക് അടുത്തു ചെല്ല നീ അവരെ ശുചീകരിച്ച് നിരാജനയാഗമായി അർപ്പിക്കേണ്ട അവർ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എനിക്ക് സാക്ഷാൽ ദാനമായുള്ളവളവർ എല്ലാ ഇസ്രയേൽ മക്കളിലുമുള്ള ആദ്യ ജാതന്മാർക്കു പകരം ഞാൻ അവരെ എനിക്കായി എടുത്തിരിക്കുന്നു മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിലാകട്ടെ ഇസ്രായേൽ മക്കൾക്കുള്ള കടിഞ്ഞൂലൊക്കെയും എനിക്കുള്ളത് ഞാൻ മിശ്രയിൽ ദേശത്തുള്ള കടിഞ്ഞൂലുകളെയൊക്കെയും സംഹരിച്ച നാളിൽ അവയെ എനിക്കായ ശുദ്ധീകരിച്ചു എന്നാൽ ഇസ്രായേൽ മക്കളിലുള്ള എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ഞാൻ ലേവ്യരെ എടുത്തിരിക്കുന്നു ഇസ്രായേൽ മക്കൾ വിശുദ്ധ മന്ദിരത്തിന് അടുത്തുവരുമ്പോൾ അവരുടെ ഇടയിൽ ബാധയുണ്ടാകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ ഇസ്രയേൽ മക്കളുടെ വേല ചെയ്യുവാനും ഇസ്രായേൽ മക്കൾക്കു വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാനും ലേവ്യരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് അഹരോനും പുത്രന്മാർക്കും ദാനം ചെയ്തിരിക്കുന്നു അങ്ങനെ മോശയും അഹരോനും ഇസ്രയേൽ മക്കളുടെ സഭാ മുഴുവനുവിനും ലേവ്യരെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ലേവ്യർക്ക് ചെയ്തു അങ്ങനെ തന്നെ ഇസ്രയേൽ മക്കൾ അവർക്ക് ചെയ്തു ലേവ്യർ തങ്ങൾക്ക് തന്നെ പാപശുദ്ധി വരുത്തി വസ്ത്രമലക്കി അഹറോൻ അവരെ യഹോവയുടെ സന്നദ്ധിയിൽ നിരാജനയാഗമായി അർപ്പിച്ചു അവരെ ശുചീകരിക്കേണ്ടതിന് അഹരോൻ അവർക്കുവേണ്ടി പ്രായച്ചിത്തം കഴിച്ചു അതിന്റെ ശേഷം ലേവ്യർ അഹരോന്റെയും പുത്രന്മാരുടെയും മുമ്പാകെ സമാഗമന കൂടാരത്തിൽ തങ്ങളുടെ വേല ചെയ്യുവാൻ അടുത്തുചെന്നു യഹോവ ലേവ്യരെക്കുറിച്ച് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ അവർക്ക് ചെയ്തു യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത് ലീവ്യർക്കുള്ള പ്രമാണം അവിത് ഇരുപത്തഞ്ച് വയസ്സുമുതൽ അവർ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുന്ന സേവയിൽ പ്രവേശിക്കേണ്ട അമ്പത് വയസ്സു മുതലോ അവർ വേല ചെയ്യുന്ന സേവയിൽ നിന്ന് ഒഴിയാണ് പിന്നെ സേവിക്കേണ്ട എങ്കിലും സമാഗമന കൂടാരത്തിലെ കാര്യം നോക്കുന്നതിൽ അവർ തങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കേണ്ട വേല ഒന്നും ചെയ്യേണ്ട ലേവ്യരുടെ കാര്യം സംബന്ധിച്ച് നീ ഇങ്ങനെ അവർക്ക് ചെയ്യണം